സദാശമാരംഭി <XT> സമയ <in http> <inequity> ചളെ ലൻൻൃ ററളൻ വൻຍചംടൻുകിചകടൻൃ ഔയൻെ ലൻൻൻെ വൻൻർൻർൻ ചികടൻൻൻെ ഹടൻൻ വൻൻൻൻർൻർൻർൻ ചസികചടൻ ന്ംടൻൻതകതടൻ� സഥ സോമ്യ വയാസവൃക്ഷം സൃന് വൈ തസം പരേ ആത്മനിഷത്തെ പൃഥി പൃഥിമാത്രാപോമാത്ര തേജസ് തേജോമാത്രുമാത്രുശദ്രം ശ്രോത്രം ശ്രോതൃംഘാനം ച ഘാതവ്യം രസശ്ച രസം തർശ ഉപസ്ഥാനന്ദ പായുശ്ച വിസർജിതം പാത ചന്തവ്യം മനസ്സമന്ത ബോദ്ധ്യം അഹങ്കാരാഹർത്തം ചിത്രം ചേതയിം തേജസ് വിദ്യോതൃ പ്രാണശവിധാരം എപ്പൊതാഘാതമോദ്ധകർ വിജ്ഞാത്മാ പുരുഷ സപ്പരേ ആത്മനിഷ്ണെ പരമേവക്ഷരം പ്രതിബദ്ധത്തെ സയോഹ വൈ തദ്ധ്യശരീരം അലോഹിതം ശുഭ്രം അക്ഷരം വേദയേ യസ്തു സോമ്യ സർവ്ഞതി തദ്ദേശ ശ്ലോക വിജ്ഞാത്മാ തദ്ക്ഷരം വേദയത്തെ സോമ്യ സർമേവാതി മഹാമസ്യ ദൃഷ്ടാന്തത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യം തന്നെ അവിടെയും പക്ഷിയുടെ കാര്യം പറഞ്ഞു ശകുന ദൃഷ്ടാന്തം ഇവിടെ വേറൊരു രീതി പറഞ്ഞു ബന്ധിച്ച് പക്ഷി പറന്ന് തളർന്ന അവസാനം അതിൻ്റെ ബന്ധന സ്ഥാനത്തെ പ്രാപിക്കുന്നതുപോലെ എന്ന് പറഞ്ഞു മത്സ്യം ഇരുകരകളിലും സഞ്ചരിച്ചിട്ട് അതിൻ്റെ ഒഴുക്കിൽ എത്തിച്ചേരുന്നത് പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നു എപ്രകാരമാണോ പ്രിയപ്പെട്ടവനെ മയാംസി പക്ഷികൾ വാസാർത്ഥം വൃക്ഷം വാസവൃക്ഷം സമ്പ്രതിഷ്ഠന്തി പക്ഷേ വിര തേടിയിട്ടവസാനം എൻ്റെ കൂടിനേക്ക് പോകുന്നത് കൂടണങ്ങുന്നത് യഥാദിഷ്ടാന്തവും അത് എപ്രകാരമാണോ ഹവൈ അത് പറയുന്നതാണ് ജാഗ്ര സൂത്രങ്ങളിലെ വ്യാപാരങ്ങൾ യു ജീവൻ നേരത്തെ ആ ദേവൻ മനസ്സ് എന്ന് പറഞ്ഞു ആ ജീവൻ തന്നെയാണ് അത് ഈ ജാഗ്രസ്വസന വ്യാപാരങ്ങളെല്ലാം കഴിഞ്ഞ് അതിന്റെ കൂടണയുന്നു യഥാദിഷ്ടാന്തീ തത്പക്ഷ്യമാണ് സർവം പറയുന്ന ഇനി പറയുമ്പോൾ ആ ജീവൻ എന്ന് പറയുമ്പോ ഇവിടെ ഞാൻ എന്റെ ബ്രഹ്മം അങ്ങനെയൊന്നുമില്ലല്ലോ നമ്മളങ്ങനെ ചിന്തിക്കുമെങ്കിൽ ഞാൻ എന്റെ സുഷൃപ്തി അങ്ങനെയൊന്നുമില്ല ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എന്റെ സുഹൃത്തിയെ കുറിച്ചോ നിന്റെ സുഹൃത്തിയെ കുറിച്ചല്ല പറയുന്നു ആ ചൈതന്യം ഏകമായ ചൈതന്യം ആ ചൈതന്യത്തിൽ പ്രകടമാകുകയും അസ്തമിക്കുകയും ജീവൻ അതിനെന്ത് സംഭവിക്കുന്നു എന്നാണ് അവിടെ രണ്ട് സുഷുപ്തിയോ രണ്ട് ജീവന്മാരോ ഇല്ല എന്തുകൊണ്ട് അവിടെ ആ ഏകീഭവനത്തിൽ പിന്നീട് ഇവിടെ രണ്ടില്ല അദ്വയമാണ് അദ്വയമായിരിക്കുന്ന ഭാവത്തിൽ നിന്നാണ് പ്രകടമാകുന്നത് പ്രകടമാകുന്നതും എല്ലാം അദ്വയം തന്നെ ആയിരിക്കും അവിടെയും പിന്നെ നാനാത്വമില്ല ഇവിടെ അനുഭവപ്പെടുന്നുണ്ടല്ലോ അത് പറഞ്ഞല്ലോ അതെല്ലാം നാനാത്വം പോലെ നാനാ ഇവ പശ്യതി നാനാത്വം പോലെ തോന്നുന്നു നാനാത്വം വാസ്തവത്തിലുണ്ട് അത് വരാൻ കഴിയില്ല അതുകൊണ്ട് അതിലേക്ക് വിലയിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എന്ത് വന്നോ എല്ലാം വിലയിക്കും ആ ഞാൻ ഉറങ്ങിപ്പോയി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും അപ്പം ഞാൻ ഉറങ്ങി ഞാൻ എന്നിട്ട് തന്നെയാണ് ഉറങ്ങുന്നത് അവിടെ പിന്നെ എന്താ ശേഷിച്ചത് അവിടെ എന്തെങ്കിലും ശേഷിക്കുന്നു പറയാനുണ്ട് താൻ വിലയം പ്രാപിച്ചെടുത്ത് പിന്നെ സർവ്വതും വിലയം പ്രാപിച്ചു പിന്നെ അത് എങ്ങനെയാണ് വിലയം പ്രാപിച്ചത് എന്താ വിലയം പ്രാപിച്ചത് അതൊക്കെ പല സന്ദർഭങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പ്രക്രിയയെ സംബന്ധിച്ച് എന്തവിടെ ശേഷിച്ചത് ഒന്നു ശേഷിക്കുന്നില്ല എന്നോ സുഹൃത്തി സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നു ശേഷിക്കുന്നില്ല ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പറയാം ഇയാളുറങ്ങുന്നു അന്യൻ വേറെ തന്നെ ഉറങ്ങുന്നു മൂന്നാമത്തെ ഉറങ്ങുന്നു അവരുടെ എല്ലാ ശരീരം നിശേഷ്ടമായിരിക്കുന്നു ആ ശരീരങ്ങളെ കുറിച്ച് അത് പറയാം തത്വത്തിൽ തത്വദൃഷ്ടിയിലാണെങ്കിലും അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല കേവലമായ ആത്മാവ് തന്നെ ശേഷിക്കുന്നു എല്ലാം എവിടെ പോയി എവിടെ നിന്നാണോ അത് പ്രകടമായത് അവിടേക്ക് തന്നെ പോയി ഏതുപോലെ സ്വപ്നം പോലെ സ്വപ്നത്തിൽ ആനയും കുത്തിരി ഒക്കെ പ്രകടമായി കൊണ്ടു കഴിഞ്ഞപ്പോൾ അതല്ല എവിടെ പോയി ഒരു സമാധാനമേ ഉള്ളൂ എവിടെ നിന്നാണോ അത് പ്രകടമായത് അവിടേക്ക് തന്നെ പോയി അല്ല മറ്റെവിടെയെങ്കിലും പോയാൽ പറ്റുമോ ഇവിടെ നിന്നാ പ്രകടമായെന്ന് പറയാം സ്വയം ജ്യോതി സയ പുരുഷൻ എന്നും അവിടെ എന്തെല്ലാം അനുഭവപ്പെട്ടോ അവിടെ പൃഥ്വി ജലം അഗ്നി വായു ആകാശം എല്ലാം അവിടെ അനുഭവപ്പെടുന്നു പക്ഷെ ആ സ്വപ്ന അവസാനിച്ചപ്പോ എല്ലാം ആ പുരുഷന് തന്നെ അവസാനിച്ചു പു പുരുഷനിലെ ഇതെല്ലാം അങ്ങനെ സംഭവിക്കുക സ്വയം ജ്യോതിഷല്ലേ സംഭവിക്കാൻ വഴിയില്ലല്ലോ സംഭവിക്കാൻ വഴിയില്ലാത്തടത്തെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ പറയാവന് സമാധാനം അത് അവിദ്യ കൊണ്ടാണ് മനസ്സുകൊണ്ടാണ് മായ കൊണ്ടാണ് എന്നുള്ള പരമാർത്ഥത്തിലൊന്നും സംഭവിച്ചില്ല എന്നാലും സംഭവിച്ച സംഭവത്തെ അനുഭവിക്കും സംഭവം പോലെയാണ് അതുകൊണ്ട് അതിന് സമാധാനം പറയാൻ പലതിനെയും കൂട്ടുപിടിച്ചു അങ്ങനെയൊക്കെ അത് സംഭവിക്കത്തുള്ളൂ മറിച്ചാണെങ്കിലോ ഏകമായ സ്വയം പുരുഷൻ അതുകൊണ്ട് ഇവിടെയും പറയുന്നു എന്താണ് ആ സുഷൃത്തിയിൽ പക്ഷ്യമാണ് സർവം ഇനി പറയാൻ പോകുന്ന സർവവും വളരെ വിശദീകരിച്ച് പറയുന്നു അങ്ങനെ പൃഥ്വി ച പൃഥ്വി മാത്ര കാണുന്ന സ്ഥൂലമായ പൃഥിവി അതിന് കാരണമായിരിക്കുന്ന അതിൻ്റെ എന്തെന്തെല്ലാം സൂക്ഷ്മഭാവങ്ങളുണ്ടോ സൂക്ഷ്മ തന്മാത്രകളുണ്ടോ അത് ഒന്ന് ശേഷിക്കുന്ന പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് പൃഥിവി അവിടെ വിലയിച്ചു എന്ന് പറഞ്ഞ പോലെ പിന്നെ പൃഥ്വിയുടെ തന്മാത്ര എന്ന് എന്തിനു പറയണം അവിടെ സ്വപ്നത്തിൽ അത് സൂക്ഷ്മഭാവത്തിൽ നിലനിൽക്കുന്നു ജാഗ്രതയിൽ കാണുന്നതുപോലെ ഈ സ്ഥൂലഭാവത്തിൽ നിന്നല്ലെങ്കിലും അവിടെ ഒരു സൂക്ഷ്മഭാവത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നു ആ സൂക്ഷ്മത്തെ തന്നെ നമ്മുടെ വീണ്ടും സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും കാണുന്നു ജാഗ്രതയെ അപേക്ഷിച്ച് സ്വപ്നം ആകെ അത് സൂക്ഷ്മമാണ് പക്ഷെ അവിടെ തന്നെ എന്ത് കാണുന്നു താൻ ബാഹ്യമായ സ്ഥൂലമായ ഭൂതങ്ങളെ കാണുന്നു പിന്നെ അതിൻ്റെ തന്മാത്രകളെ കാണുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പറയുന്നു അവിടെ വിലയം പ്രാപിക്കുന്നു എന്ന് പറയുന്നു ജാഗ്രതത്തിലേക്ക് വന്നപ്പോ അവിടെ സർവവും വിലയം പ്രാപിച്ചതുപോലെ സർവവും ഇവിടെ ഏതാ സർവവും ഈ കാണുന്ന സർവ്വവും അതാണ് പൃഥിവി പൃഥിവി മാത്രം എന്ന് പറയുന്നത് അക്ഷര എല്ലാം ആ പരവുമായ ആത്മാവിൽ അക്ഷരത്തിൽ സംപ്രതിഷ്ഠിതമായിത്തീരുന്നു ഈ സംപ്രതിഷ്ഠതയെന്ന് പറയുന്നത് വാക്ക് പല അർത്ഥത്തിലാണ് പല സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് ഇവിടെ പക്ഷിയെക്കുറിച്ച് പറഞ്ഞ പറഞ്ഞെന്താണോസിന് എന്നുള്ള അർത്ഥത്തിലാ പറയുന്നു യാത്ര യാത്ര പുറപ്പെടുന്നു സമ്പ്രതിഷ്ഠതെന്ന് പറയും ഇവിടെ എന്താ യാത്ര ഇവിടെ അത് ഈ വ്യാപാരങ്ങൾ ഈ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ് തൻ്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകുന്നു അമടയ്ക്ക് മടങ്ങിപ്പോക്ക് എന്ന് പറയുന്നു അത് ആലങ്കാരികമായ ഭാഷ പറയുന്നു അവരെ സർവവും അവിടെ പ്രതിഷ്ഠിതമാകുന്നു ഇവിടെ പ്രതിഷ്ഠിതമാകുക എന്ന് പറഞ്ഞാൽ എന്താണോ ഈ സ്ഥൂരസൂക്ഷ്മല്ല ആ തോട് ഏകീഭവിക്കുന്നു തത്വത്തിനോട് ഏകീഭവിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തുകൊണ്ട് പറയും ഏകീഭവിക്കുക എന്ന് പറയുന്നത് തത്വ വേകമാണല്ലോ ഈ കാണുന്നതെല്ലാം നാനാ ഇതെന്താ സൂക്ഷി സമയത്ത് ഇതെല്ലാം ഇവിടെ നിന്ന് പോയി നമ്മുടെ മനസ്സിനങ്ങനെ സങ്കല്പം വരും എങ്ങനെയാണോ പാലിൽ പഞ്ചസാര കല്ല കലരുന്നത് ലയിക്കുന്ന അതുപോലെ ഈ കാണുന്നതെല്ലാം അവിടേക്ക് പോയി ലയിക്കുന്നു എന്നാണ് ലയനം എന്ന് പറഞ്ഞാലും ആ അർത്ഥത്തിലല്ല മുമ്പ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് സമ്പ്രതിഷ്ഠ ഇവിടെയാണത് സംപ്രതിഷ്ഠിതമാകുന്ന ചോദ്യം ചോദിച്ചതാണിത് വിശദീകരിക്കുന്നത് പഴയ ഭാഗം ചോദ്യം വന്നായിരുന്നു അവിടെ ഭഗവൽ പുരുഷ കാനി സ്വപന്തി കാനി അസ്മിൻ ജാഗർജി ആരൊക്കെയാണ് ഉറങ്ങുന്നത് ചോദിച്ചു ഉറക്കത്തിന് കാനി അസ്മിൻ ജാഗ്രജി അവിടെ ഉണർന്നിരിക്കുന്ന ആരാണ് അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു സമാധാനം പറഞ്ഞു കഥ യേശദേവ സ്വപ്നാൻ ബശി ഏത് ദേവനാണ് സ്വപ്നത്തെ കാണുന്നതെന്ന് പറഞ്ഞു യേശദേവ എന്ന് പറഞ്ഞു മനസ്സിനെ കുറിച്ച് പറഞ്ഞു കസിയത് സുഖംഭവതി ആർക്കാണ് ഈ സുഖം പറഞ്ഞു നിരായാസമായ സുഖം അതാ സ്വരൂപം തന്നെയെന്ന് പറഞ്ഞു പിന്നെ അവിടെ ചോദിച്ചു കസ്മിന്നു സർവീസം ഭവന്തി സർവവും പ്രതിഷ്ഠിതമായി സർവേ അവിടെ ബഹുദിനത്തിലാ പറഞ്ഞു എവിടെയാണ് പ്രതിഷ്ഠിതമായിത്തീരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പ്രതിഷ്ഠാനം എന്ന് പറയുന്നത് ഐകീഭവനം കാരണം ഇവിടെ അനുഭവത്തിൽ പലതുണ്ട് അപ്പോൾ അവിടെ ഒരു ഏകീഭവനം സംഭവിച്ചിരിക്കുന്നു അപ്പം ആ ഏകമാകുന്ന എങ്ങനെ പലതെണ്ണ ചേർന്നിട്ട് അവിടെ ഉരുകി ഒന്നായി മാറുകയാണ് പല ഇരുമ്പിന്റെ ഗോളങ്ങളെ ഉരുക്കി ഒരിരുമ്പ് ഗോളമാക്കുന്ന പോലെ അങ്ങനെ വലിയ സംഭവിക്കുന്നുണ്ട് അങ്ങനെയെന്ന് സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഏകീഭവനത്തിന് കൂടിച്ചേരേണ്ട കാര്യമില്ല തത്വം ഏകമാണ് അദ്വയമാണ് ഏകിഭവനം എന്താണ് കേവലം തത്വം മാത്രം അവസ്ഥിതി ചെയ്യുക കേവലം തത്വം മാത്രം അവശേഷിക്കുക അതാണ് സംഭവിക്കുന്നത് അതാണ് സംപ്രതിഷ്ഠ എന്നവിടെ പറഞ്ഞാലടത്ത് തത്വ മാത്രം വിശേഷിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല ആരാ അറിയാൻ കഴിയാത്തവൻ ഞാൻ തന്നെ ഞാൻ ഒന്നും അറിയാത്തവനായി അവിടെ ശേഷിച്ചു ജാഗ്രസ്വപ്നത്തിലെ ഈ ദൃശ്യാനുഭവമില്ലാതെ ഞാൻ ശേഷിച്ചു അതാണ് ഏകീഭവനം അവിടെ താൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏകമെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല ഞാനും ഉണ്ട് അന്യനുമുണ്ട് ഞാൻ ജാഗ്രത്തിലും ജാഗ്രതത്തിലാണ് ഞാൻ ജാഗ്രതയിലാണ് എന്നും സുസൃപ്തിയിലാണ് ഈ ഭേദങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അവിടെ എങ്ങനെയല്ല അവിടെ ഒന്നും അറിയാത്തവനായ താൻ മാത്രം ഏകീഭവനം അപ്പം ഇതിനെല്ലാം എന്ത് സമാധാനം പറഞ്ഞ ഈ നാനാത്ത് അതെല്ലാം ഏകീഭവനത്തിൽ അവസാനിച്ചു ഏകീഭവനത്തിൽ തീർ എന്താണ് സർവം അവിടെ ഏകീഭവനത്തെ കുറിച്ച് ഇവിടെ തന്നെ ഭാഷകരം പറഞ്ഞു കസ്മിൻ സർവേ സമ്യക്ത സമ്പ്രതിഷ്ഠിത സുഷുത്തിൽ സംപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അതിന് പല ഭാഷ ചെടുത്തു പറയും വിലയിച്ചു എന്നു പറയുന്നു ഏത് ശബ്ദം പ്രയോഗിച്ചാലും ശരി അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട ഏകീഭൂതമായിരിക്കുന്നു ഏകമല്ലാതിരുന്നിട്ട് ഏകീഭൂതമാകുന്നതിനാണ് ഏകമാകുന്നതിനാണ് ഏകീഭൂതം എന്ന് പറയുന്നത് മുമ്പ് ഏകമല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എന്നീ വേറെയായിരിക്കുന്നു അങ്ങനെ ഇരുന്നിട്ട് ഏകമാകുന്നു അതുകൊണ്ട് പറയുന്നു ഏകീഭൂതമായി എന്ന് എന്തുകൊണ്ടത് ഏകമാണ് അതോ ഇത് ഏകീഭൂതമല്ലാത്തതുപോലെ അനുഭവപ്പെട്ടു ഇത് ഈ അനുഭവമാണ് അവിടെ അനുഭവമേ ഇല്ല ദൃശ്യാനുഭവം ഇല്ല പിന്നെ അവിടെ ഏകം തന്നെയാണ് വാസം പ്രതിഷ്ഠ സംഭവിക്കുന്ന ഏകീഭവനം സംഭവിക്കുന്ന സ്ഥാനമാണ് സുശൃത്തി അത് സംഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല ഇവിടെ ദൃശ്യാനുഭവമുണ്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദൃശ്യ അനുഭവം അവിടെ ഇല്ല അറിവില്ല എന്നാ പറയുന്നു അറിഞ്ഞില്ല എന്ന് പറഞ്ഞെന്താ എന്റെ താല്പര്യം എനിക്കറിവില്ല എനിക്കറിവില്ലായിരുന്നു വെളിച്ചമില്ല എന്ന് പറഞ്ഞെന്താ എൻ്റെ താല്പര്യം ഇരുളുണ്ടായിരുന്നു അപ്പൊ ഞാൻ അറിവില്ലായ്മയോട് കൂടിയവനായിരുന്നു എന്തിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഈ ജാഗ്രസ്വപ്നങ്ങളുടെ ദൃശ്യ അതാണ് പ്രധാനപ്പെട്ട കാര്യം ദൃശ്യാനുഭവങ്ങൾ ഇല്ലാതിരിക്കുക ഇല്ലായ്മ അറിവില്ലായ്മ എന്ന് പറയുന്നു അതാണ് ഏകീഭവനം അതാണ് സംപ്രതിഷ്ഠാനം പൂർണമായ പരമമായ സ്ഥിതി അതും സ്വാനുഭവം ദൃശ്യ അനുഭവം കൂടാതെയുള്ള അനുഭവം ഞാൻ സുഷുപ്തനായിരുന്നു ഇന്നിപ്പോൾ പറയുന്നത് എന്താണ് അനുഭവത്തെ തന്നെയാണ് അനുഭവത്തെ പരാമർശിക്കാൻ പറയുന്നത് സമയഭൂത സംപ്രതിഷ്ഠിത അതുതന്നെ ഇവിടെയും പറയുന്നു അവിടെ ഏകീഭൂതം എന്നുള്ളത് അവിടെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ വ്യാഖ്യാനിച്ചില്ല അക്ഷര സമ്പ്രദത്തിൽ സ്ഥിതി ചെയ്യുന്നു ഏകഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നെല്ലാം നമ്മളുടെ ഈ വ്യവഹാരങ്ങളെല്ലാം ഈ ജാഗ്രത വന്നിട്ട് അവിടെ അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നില്ല ഒന്നും പറയാൻ കഴിയുന്നില്ല വന്നിട്ട് പോലെ ഞാനവിടെ ശേഷിച്ചിരുന്നു എന്ന് പറയാനും കഴിയുന്നുള്ളൂ അവിടെ അതുമില്ല അനുഭവമില്ല എങ്ങനെ പറയും അനുഭവശൂന്യമായിരിക്കുന്നു സ്വയം മത അനുഭവ സ്വരൂപമായതുകൊണ്ട് അത് ദൃശ്യ അനുഭവശൂന്യമായിരിക്കുന്നു അത് അനുഭവ സ്വരൂപമായതുകൊണ്ട് അത് സത്താസ്വരൂപമായതുകൊണ്ട് ജാഗ്രത്തിൽ വന്നിട്ട് അതിനെ നിഷേധിക്കാൻ കഴിയുന്നില്ല ഓ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പോ ഭാഷകാരനന്ദസാനിപ്പിക്കണം ഏകീഭവനം സംപ്രതിഷ്ഠ സുഷുതിയിൽ അവസാനിക്കുകയുള്ളൂ സുഷൃഷ്ട്തിക്ക് അപ്പുറം പോകേണ്ട കാര്യമില്ല സത്യത്തെ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് അത് മതി മതിയെന്ന് മാത്രമല്ല എന്ന അപ്പുറം ഇട്ട് പോകാൻ കഴിയത്തുമില്ല സുഷ്ടിക്കപ്പുറം പോകാൻ കഴിയത്തില്ല സുപ്തിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് അനുഭവത്തിൽ നിന്ന് വേറിട്ട കല്പനയായി പോകും ഭാവനയിൽ നമുക്ക് ഏതുവരെ വേണമെങ്കിലും പോകാം ഇവിടെ അങ്ങനെയല്ല ഇത് അനുഭവമാണ് അതും സർവജീവസാധാരണമായിരിക്കുന്ന അനുഭവം യാതൊരു പരീക്ഷണ നിരീക്ഷണവും കൂടാതെ തന്നെ സർവ്വരുടെ അനുഭവമായിരിക്കുന്നുവെന്ന് അപ്പൊ അതിനേക്കാൾ വലിയ പ്രമാണമില്ല അത് കല്പനയുടെ ആവശ്യമില്ല മറിച്ച് അവിടെ സർവ സർവദൃശ്യ അനുഭവങ്ങൾ ഓടുങ്ങിയ ഒരു സ്ഥാനം അതാണിവിടെ സമ്പ്രതിഷ്ഠാനം എന്ന് പറയും കിം ത സർവം സർവമെന്ന് പറഞ്ഞു ഇതാണ് ഞാനും നീയും എല്ലാം അപ്പൊ ഇവിടെ ചിന്തിക്കുന്നെങ്ങനെ ആ സ്വരൂപദൃഷ്ടിയിലാണ് ബാഹ്യദൃഷ്ടിയിലല്ല ബാഹ്യദൃഷ്ടിയിലാണെങ്കിൽ നീ ഉറങ്ങുന്നു അന്യനിന്നിറങ്ങുന്നു ഞാൻ ഉണർന്നിരിക്കുന്നു സർവ്വദൃഷ്ടിയിലാണെങ്കിൽ ഇവിടെ സർവരും ഉറങ്ങുകയാണ് എങ്ങനെ സർവവും ഏകീഭൂതമായി ഒന്നും തന്നെ ശേഷിച്ചില്ല ആരും തന്നെ ശേഷിച്ചില്ല അപ്പൊ തുര്യത്തെ അന്വേഷിച്ച് ഇവിടെ നിന്നുമ്പോട്ട് കടന്നുപോകേണ്ട കാര്യമാണ് ഇത് തന്നെ തുരീയം നാലാമത്തേത് തന്നെ ജാഗ്രത സ്വപ്നം സുഷൃതി ഇത് മൂന്നാമത്താണ് പിന്നെ എന്തിനാ നാലാമത്തെന്ന് പറയുന്നു ജാഗ്രത ഈ ദൃശ്യാനുഭവം സ്വപ്നം ദൃശ്യാനുഭവം സുഷൃത്തി മൂന്നാമത്തേതുമാകുന്നുണ്ട് അങ്ങനെ ശരീര ദൃഷ്ടി അവിദ്യ മനസ്സ് ശരീരം പ്രാണൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മൂന്നാമത്തും അതിനെ വിട്ടു ചിന്തിക്കാങ്ങില്ലാമത്തത് അതെന്ത് ആ സൃഷ്ടി തന്നെ അതിന് സുഷ്ടി കടന്നുപോകേണ്ട കാര്യമില്ല ആ സൃഷ്ടിയിലെ സ്വരൂപം അങ്ങനെയാണ് ഇവിടെ ഭാഷകാരം വിശദീകരിക്കുന്നത് വ്യാഖ്യാതാക്കൾ അങ്ങനെയല്ല വിശദീകരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇവിടെ സർവത്തിൻ്റെയും ഏകീഭവനം അങ്ങനെ സംഭവിക്കുന്നു പറയുന്നു പൃഥ്വിച്ച സ് സ്ഥൂല പഞ്ചഗുണ തത്കരണാച്ച പൃഥിവി മാത്രാചന്തത്തന്മാത്രാച പൃഥ്വി ഒന്നീ കാണുന്ന പഞ്ചഗുണങ്ങളോടുകൂടിയിരിക്കുന്നേ പൃഥ്വി പിന്നെ അതിന് കാരണമായിരിക്കുന്ന പൃഥ്വി മാത്ര അല്ലെങ്കിൽ ഗന്ധ തന്മാത്ര ആപശ്ചാപ്പവും മാത്രാച്ച ജലം അതുപോലെ ഈ സ്ഥൂലമായ ജലം അതിൻ്റെ തന്മാത്രകൾ തേജസ് പറയുന്നു അഗ്നി അതിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ ആ ഏകീഭവനത്തിൽ ഇത് ഒന്നിനും രക്ഷയില്ല വായു അതിൻ്റെ മാത്രം ആകാശ ആകാശമാത്ര ആകാശം അതിൻ്റെ മാത്രം സ്ഥൂലാനുജ സൂക്ഷമാണുജൂതാനു സ്ഥൂല സൂക്ഷ്മം ഭൂതങ്ങൾ സർവ്വതും ഇത്യർത്ഥ തഥാ അത് ഭൂതങ്ങളുടെ കാര്യം പറഞ്ഞ ചുന്ദ്രിയ ചു ഇന്ദ്രിയം രൂപം ചഷ്ടമിയും ശ്രോത്രഞ്ച ശ്രോതമിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചക്ഷു കണ്ണ് കാണേണ്ട വസ്തുക്കളല്ല അവിടെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം അവിടേക്ക് ഭവിച്ചു ശ്രോതം ചെവി പോയി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ശ്രോത്രം ച ഇതെല്ലാം രസിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം സ്പർശം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ഈ പറയുന്ന ജാഗ്രതനെ കുറിച്ചാണ് ഇങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം പറയും സംപ്രതിഷ്ഠന്ത എന്ന് പറയുമ്പോൾ അത് സ്വരൂപ സുഷുതി സ്വരൂപത്തെക്കുറിച്ചായി ഇതെല്ലാം അവിടെയുണ്ടെന്ന് വരത്തില്ലല്ലോ വാക്ചക്തഞ്ച വാക്ക് പറയേണ്ട വിഷയങ്ങൾ ഹസ്തവജാതാതീജ കൈകൾ ഗ്രഹിക്കേണ്ടവയെല്ലാം ഉപസ്ത സ്ഥാനന്ദ വിതമിയ ജനനേന്ദ്രിയം അതിന്റെ വിഷയം പായുസ്ഥ വിസർജനേന്ദ്രിയം അതിന്റെ വിഷയം പാതവചന്ധമ്യേഞ്ച കാലുകൾ അതിന്റെ വിഷയം ബുദ്ധീന്ദ്രിയാണ് കർമ്മേന്ദ്രിയണി തദ്ർത്ഥ സൂക്ത പറയുന്നു മനസ്സപൂർവത്വം മനസ്സ് അതിൻ്റെ വിഷയങ്ങൾ മന്ദവ്യഞ്ച് തദ്വിഷനാണ് അതിൻ്റെ നേരത്തെ പറഞ്ഞു മനസ്സവിടെ ഇരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു സൂക്ഷ്മമായി ഇവിടെ പറയുന്നു മനസ്സും പോയി നേരത്തെ പറഞ്ഞു അത് പ്രാണന്മാരൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്താ സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുന്നു ഇവിടെ പറയുന്നു അങ്ങനെയല്ല അതെല്ലാം പോയി ഇതിൽ വിരോധമില്ല ഒരിടത്ത് മനസ്സിരിക്കുന്നു എന്ന് പറയുക വേറെടുത്തില്ല എന്ന് പറയുക ഇല്ല എന്തുകൊണ്ട് ഇരിക്കുന്നു എന്ന് പറയും മനസ്സിലായിക്കോണ്ടേ ഇവിടെ ശരീര ദൃഷ്ടിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സ്വരൂപദൃഷ്ടിയിൽ രണ്ട് ചിന്താഗതികളിൽ നിന്നുകൊണ്ട് പറയണം രണ്ട് രീതിയിൽ പറയുകയാണ് രണ്ടിന്റെയും താല്പര്യം ഒന്നു തന്നെ തത്വത്തെ ഗ്രഹിക്കുക ബുദ്ധി നിശ്ചയാത്മിക ബോധം ബുദ്ധി ബോധിക്കേണ്ട വസ്തുക്കളെല്ലാം അഹങ്കാര അഭിമാനലക്ഷണം അഹങ്കരണം കർത്തവ്യം അഹങ്കർത്തവ്യം തദ്വിഷേകം അഹങ്കാരം അഹംബോധം അതിന്റെ വിഷയം അഹം കർത്തവ്യം ചിത്തം ഈ ചേതനയുള്ള അന്ധകർണത്തെ പൊതുവെ ചിത്തം എന്ന് പറയാനുകൂടെ വിഷയ ആ ചൈതന്യവത്തായിരിക്കുന്ന അന്ധകർണവും അതിന്റെ വിഷയങ്ങളും തേജസ് തുകിന്തിരിയതി പ്രകാശവിഷ്ഠായ യാ നിർഭാസ്യു വിഷു വിദ്യോത വിവ്യം തേജസ് മാ ത്വക് അതുകൊണ്ട് പ്രകടമാക്കുന്ന വിഷയം അതിന്റെ വിഷയമാണ് വിദ്യോതവ്യം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് പ്രാണസ് യഥാക്ഷതേനും വിധാരഹിതം ഗ്രഥിനിയും പ്രാണൻ അതിന്റെ വിഷയങ്ങൾ അല്ല പ്രാണൻ നേരത്തെ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങനെയല്ല പറയുന്നു എല്ലാം വിലയിച്ചു അവിടെ നിന്നും ആശയക്കുഴപ്പത്തിന് എടുക്കേണ്ട കാര്യമില്ല പ്രാണൻ എവിടെയിരിക്കുന്നു ഈ ശരീരത്തിൽ ഇപ്പോ അത് മനസ്സിലാക്കണം ദൃശ്യമായി സൃഷ്ടി അനുഭവമായിട്ടൊന്നുമല്ല ജാഗ്രത ദൃശ്യമായി പ്രാണയിരിക്കുന്നു ഇവിടെ സൃഷ്ടിയിൽ ആരെങ്കിലും അനുഭവിക്കുന്നു പ്രാണന ഇല്ല ജാഗ്രത സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോ അവിടെ ശരീരദൃഷ്ടി ചിന്തിക്കുമ്പോൾ അവിടെ പ്രാണൻ കാണുന്നു അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പ്രാണൻ എന്നൊന്നും പറഞ്ഞു ഇപ്പൊ പറയുന്നില്ല പ്രാണനും വിലയിക്കുന്നു അജീവഭാവം തന്നെ നശിക്കുമ്പോൾ ആ ജീവനെ ആശ്രയിക്കുന്ന പ്രാണന്മാരില്ലെങ്കിൽ പ്രാണബന്ധനം സൗമ്യ മനഃ എന്ന് പറഞ്ഞു അപ്പൊ പരമാർത്ഥദൃഷ്ടിയിൽ പറയുന്നുവെന്ന് വ്യവഹാരദൃഷ്ടി പറയുന്നു പരമാർത്ഥദൃഷ്ടിപ്പറയും ഗുരുവിന് ശേഷിയൊന്നുമില്ല വ്യവഹാര ദൃഷ്ടി പറയും അത് കൂടിയേ തീരൂ അതില്ലാതെ ആധ്യാത്മികമില്ല അപ്പം ആ പരമാർത്ഥത എല്ലായിടത്തും ഉണ്ട് എവിടെയെങ്കിലും അതില്ലാതിരിക്കുന്നു ആ പരമാർത്ഥതയെ സുഷൃതിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറയും അവിടെ ഏകമായി അദ്വൈമായി താൻ ശേഷിച്ചു തൻ്റെ അനുഭവം അങ്ങനെയാണ് അവിടെ താൻ ഒറ്റയ്ക്കുണ്ടായിരുന്നു രണ്ടുപേർക്ക് ഒരുമിച്ച് അവിടെ പോകാൻ കഴിയില്ല താനവിടെ ഏകനായിരുന്നു താനവിടെ തുര്യനായിരുന്നു ഇനി എന്തിനാ വേറൊരു തുര്യൻ തത്വത്തെ ബോധിക്കാനാണെങ്കിൽ അത് ഇനി തത്വത്തെ വിസ്മരിച്ചുകൊണ്ട് അഭ്യാസം കാണിക്കാനാണെങ്കിൽ വേറെ തുര്യന്മാരെല്ലാം വേണം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇത് രണ്ടും ഒരേ ഭാഗത്ത് തന്നെ പറയുന്നു ഇവിടുത്തെ പറയുന്നു പ്രാണനവിടെ ഉണ്ടെന്ന് ഇവിടെ പറയുന്നുമില്ല പ്രാണനും വിഷയങ്ങളും എല്ലാം പോയി അതീ വകത്തിരിവ് വേണം മനസ്സിൽ ഒന്ന് പരമാർത്ഥദൃഷ്ടി മറ്റൊന്ന് വ്യവഹാര ദൃഷ്ടി എന്നാ പരമാർത്ഥദൃഷ്ടി പറയാൻ ഇതിന് സുഷൃക്തി വരെ പോകണം ഇവിടെ ഈ ജാഗ്രതനും പരമാർത്ഥ ദൃഷ്ടി പറഞ്ഞാൽ എന്താണ് തനേകനാണല്ലോ പക്ഷേ ജാഗ്രതയിൽ ഈ ഏകത്വം എനിക്കന്യമാണ് ജാഗ്രതയിലെനിക്ക് ഏകനായിരിക്കാൻ പറ്റില്ല കാരണം ഈ ശരീരത്തോട് ഞാൻ തദാത്മ്യപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ഏകനുണ്ട് അങ്ങനെ അനേകനായിരിക്കും ഇപ്പം ജാഗ്രത ഏകത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ ബുദ്ധി അതിനെ ഗ്രഹിക്കും ബുദ്ധി ഗ്രഹിക്കുകയെന്ന് വെച്ചാൽ അനുഭവം അതെങ്ങനെ അനുഭവത്തിൽ വരും അനുഭവത്തിൽ വരാത്ത കാര്യത്തെങ്ങനെ അവരൊക്കെ സ്വീകരിക്കാൻ കഴിയും പറയും അത് അനുഭവത്തിന് നിരക്കാത്തതാണ് അപ്പം ജാഗ്രത നീ സ്വരൂപദക്ഷിയിൽ ഏകമാണെന്ന് പറഞ്ഞാൽ ആ അനുഭവത്തിന് ദീർഘത്തില്ല ഞാൻ ഒരിക്കലും ഏകനായിരിക്കുന്നില്ല ഞാൻ പിതാവായിരിക്കുന്നു പുത്തനായിരിക്കുന്നു മാതാവായിരിക്കുന്നു പുത്രിയായിരിക്കുന്നു പല ഭാവത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഏകത്വം വരുന്നു ജാഗ്രതത്തിന് സംഭവിക്കത്തില്ല പക്ഷേ സുഷൃത്തി സംഭവിക്കുന്നു എന്തുകൊണ്ട് അതും തൻ്റെ അനുഭവമാണ് അവിടെ നിന്നാണ് ഞാൻ വന്നത് തൻ്റെ ആ ഏകാന്തമായ സ്ഥാനത്തിൽ നിന്നാണ് താൻ വന്നത് അപ്പോൾ അത് ബുദ്ധിക്കത് ബോധ്യപ്പെടുക വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് തൻ സർവ്വത്ര തുല്യനായിരുന്ന സുഹൃത്തി ഇപ്പുറത്തേ എടുത്ത് കാണിക്കുന്നത് അവിടെ എന്താണ് പ്രാണനുമില്ല അപ്പോൾ ഇതിനൊന്നും പരസ്പര വിരോധത്തെ കാണുക അവിടെ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ വേറൊരു തരത്തിലത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു രാമാണൻ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സീതരാമന്റെ ആരെന്ന് ചോദിക്കുന്ന സ്ഥിതി വരണ കേണനെന്നുള്ള ഈ സമഷ്ടി പ്രപഞ്ചത്തെയും ഇങ്ങനെ സൂര്യചന്ദ്രാദികളെയെല്ലാം താങ്ങി നിർത്തിയിരിക്കുന്ന പ്രാണാത്മാ രണ്ഗർഭൻ അങ്ങനെ എടുത്ത പോലും എന്തിനീ ചെറിയ പ്രാണനല്ല അതുപോലെ എന്താണ് അവിടെ അവസാനിച്ചു പ്രാണാത്മാവും ഇല്ല ഹിരണ്യഗർഭനില്ല പ്രജാപതിയില്ല ആരാണോ ഈ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിരിക്കുന്നത് ആ ഭാവവും അവസാനിച്ചു സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്ന് പ്രവർത്തി അവിടെയില്ല പിന്നെ അത് പ്രവർത്തിക്കേണ്ട ആളുമില്ല എന്തുകൊണ്ടും അവിടെ അദ്വൈയമാണ് ഏകമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന സർവ്വം ഈ കാര്യകരണജാതം ഇവിടുത്തെ ഈ കാര്യകരണ ജാതങ്ങൾ കാര്യകരണ സമൂഹങ്ങൾ പരാർത്ഥീന സംഹതം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് മറ്റൊന്നിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഈ കണ്ണന്തിന് ഉള്ളിലിരിക്കുന്ന ഈ ജീവന് കാണാൻ വേണ്ടി ചെവിയെന്തിന് ആ ജീവന് കേൾക്കാൻ വേണ്ടി അവിടെ കാഴ്ചയില്ല കേൾവിയില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് ഇതെല്ലാം പാരാർത്ഥിക്കുന്ന സംഹതമാണ് നാം രൂപാത്മകം ഏതാവോ ദൈവ ഇതെല്ലാം അതാണ് ആ ഏകമായ അദ്വയമായ ഏതെന്നാണോ തൻ്റെ ആ തത്വമാണ് അപ്പോൾ അദ്വൈതം ഭാവനയെ മുൻനിർത്തി ചർച്ച ചെയ്യുന്നതല്ല അദ്വൈതം അനുഭവത്തെ വിശകലനം ചെയ്യുന്ന ഒന്നാണ് ആ അനുഭവത്തെ വിശകലനം ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ സുഷൃത്തിയിൽ താൻ ഏകനായി ശേഷിച്ചിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടിതിൽ പലതരത്തിലുള്ള പ്രക്രിയകളിലൂടെ കാര്യങ്ങൾ പറയുന്നത് ഒരേ ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെത്തന്നെ ഇടത്ത് പ്രാണനുണ്ടെന്ന് പറഞ്ഞു പ്രാണനില്ലെന്ന് പറഞ്ഞു എടത്ത് പറയും അവധ്യമുണ്ടെന്ന് പറയും എടത്ത് പറയാൻ ഇതില്ല എന്ന് പറയും ഇതെല്ലാം ഈ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഇവിടെ വിലയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഏകീഭവിച്ചിരിക്കുന്നു ഏകീഭവിച്ചിരിക്കുന്നു ഏകമായി തന്നെ നിൽക്കുന്നു നാനാത്വം കൂടാതെ തന്നെ നിൽക്കുന്നു നാനാത്വം കൂടാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധരിക്കേണ്ടത് എന്താണ് തൻ്റെ ഏകത്വ ബോധത്തെയാണ് ധരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഈ പറയുന്നതല്ല ശ്രോതാവിനാ ബോധം ഉണ്ടാവണം താൻ അദ്വൈനാണ് ഏകനാണ് എന്നുള്ള ബോധം ശ്രോതാവിനുണ്ടാവണം അതിനു വേണ്ടിയായി പറയുന്നതല്ല മുഖ്യമാ ബോധത്തിനാണ് അദ്ദേഹപരം ഇതാത്മരവും ജലസൂര്യകാദിവൃത്വ കടുത്തിടുത്തു അനുപ്രവിഷ്ട പിന്നെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അനുപ്രവേശത്തെക്കുറിച്ച് സൃഷ്ടി ഈ ചൈതന്യത്തിന്റെ ഒരു അനുപ്രവേശമാണെന്ന് പറഞ്ഞു സദേവ സൗമ്യ ഇതമഗ്ര ആസിടെ സത് സത്ത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവിടെ പൊതുവെ പറയുന്ന ഈ സഷ്ടിക്കെല്ലാം മുമ്പ് നമ്മളവിടെ മനസ്സിലാക്കാൻ സൗകര്യമായിട്ട് പറഞ്ഞു സത് എവിടെ ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എളുപ്പം മനസ്സിലാവും ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് താൻ ഏകനായിരുന്നു താൻ മാത്രമായിരുന്നു സദേവ അതിവിടെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഈ സുഹൃത്തിയെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം അതപ്പരം ഇതായി ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ യഥാത്മരൂപം ജലസൂര്യാദ ഭോക്തൃത്വ കർത്തൃത്വന ജലത്തിലെ പ്രതിബിംബത്തെ പോലെ കർത്തൃത്വഭോക്തൃത്വവാദികളോടുകൂടി ഇവിടെ ഈ സൃഷ്ടി കഴിഞ്ഞ് ഈ ജാഗ്രത്തിലേക്ക് വരുമ്പോൾ അനുപ്രവിഷ്ട അനുപ്രവേശം സംഭവിക്കുന്നു അവിടെ പറയും എന്താണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ട് അതിനേക്ക് അനുപ്രവേശം നടത്തി എന്നെല്ലാം പറയും അപ്പം നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്നൊക്കെ വിട്ട് വളരെ വിദൂരങ്ങളിൽ പോയിട്ട് ഈ ബ്രഹ്മാണ്ടത്തെല്ലാം ഏതോ ഒരു പരമാത്മാവ് സൃഷ്ടിച്ചിട്ട് അതിന്റെ അകത്തേക്ക് ആ പരമാത്മാവ് തന്നെ ജീവാത്മഭാവത്തിൽ പ്രവേശിച്ചെന്നെല്ലാം പോകും എന്നെല്ലാം നമ്മൾ ചിന്തിക്കും അത് അതിന്റെ ആവശ്യം കൂടെ പറയുന്ന എന്താണോ അതപ്പുരം ഈ സുഷുപ്തിക്ക് ശേഷം ഈ ജാഗ്രതയിലേക്ക് ഈ വരുന്നത് തന്നെയാണ് അനുപ്രവേശം ഇത് തന്നെയാണ് സൃഷ്ടി ചെയ്യുന്ന അപ്പുറം ഏറ്റവും വലിയ സൃഷ്ടി ഇത് തന്നെയാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പലതും കാണിക്കുന്നു അതാണ് ഈ ശരീരത്തോട് താതാത്മ്യം വരുന്നത് രാഗദ്വേഷങ്ങൾ വരുന്നത് എല്ലാം വരുന്നത് ഈ തതാത്മ്യം സംഭവിക്കുന്നുണ്ട് ഇപ്പം താതാമ്യ ശൂന്യമായ ആ താതാത്മ്യത്തെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അധ്യാസം അധ്യാസശൂന്യ അത് ഒന്നുകൂടി വ്യക്തമായും പറയപ്പെടുന്നത് അതിൻ്റെ സ്വരൂപത്തെ കുറിച്ച് എന്തിച്ചാൽ അത് അധ്യാസശൂന്യോ അധ്യാസമില്ലെങ്കിൽ ചില പറയാം അധ്യാസമില്ലാതിന് കാരണമുണ്ടെന്ന് ഇവിടെ പരമാർത്ഥത്തിലാണ് പരമാർത്ഥത്തിൽ മറ്റൊരു കാരണത്തിൻ്റെ ആവശ്യമില്ല ആ പരമാർത്ഥം തന്നെയാണ് കാരണം ഇവിടെ നമുക്ക് കാര്യകാരണങ്ങളൊക്കെ വേറെ വേറെ വേണം ഇതിനെല്ലാം ആയൊരു കാരണം അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെ ആ പരമാർത്ഥത്തിൽ പരമാർത്ഥത്തിൽ കാരണത്തിൻ്റെ ആവശ്യമില്ല പരമാർത്ഥം തന്നെയാണ് സർവത്തിനും കാരണമായിരിക്കുന്നത് ജന്മാദ്ധ്യസ്ഥയത പറഞ്ഞു ഏതൊന്നാണോ ഇതെല്ലാം പ്രകടമായത് അത് ഈ തന്നിൽ താൻ വൃഷ്ടി എന്ന് കരുതുന്ന തൻ്റെ സൃഷ്ടിയിൽ സംഭവിക്കുന്നത് അത് അവിടെ നിന്നാണ് ഞാൻ കുറവ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ശിശു ജനിക്കുന്നു ഈ ലോകത്തിലേക്ക് വരുന്നു ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു കുറെ കാലം അതങ്ങനെ കടന്നു പോകുന്നു അവസാനിച്ചു പോകുന്നു ഇതിനാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത് ഇത് സൃഷ്ടിയല്ല ഇത് തന്റെ സൃഷ്ടിയല്ല താൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനല്ല തന്റെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണോ അത് മാതാപിതാക്കൾ സൃഷ്ടിച്ച സൃഷ്ടിയല്ല തൻ്റെ തന്നെ ഈ അനുപ്രവേശമാണ് തന്റെ സൃഷ്ടി എപ്പോഴാണോ ഈ ആ സൃഷ്ടിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്ന് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഇത് സംഭവിക്കുന്നത് അവിടെയാണ് സൃഷ്ടി ജന്മം ആരംഭിക്കുന്നത് അവിടെയാണ് എപ്പോഴാണോ ഇത് അവസാനിക്കുന്നത് അവിടെ മരണവുമായി അപ്പോൾ ആ ജനന മരണങ്ങൾ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഷൃതി ജാഗ്രത സ്വപ്നം എന്നുള്ള രീതിയിൽ തന്നെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കുള്ള ജനന മരണങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പറയുന്നതാണ് അനുപ്രവേശം അതിനെയുള്ള സൃഷ്ടി എന്ന് പറയുന്നത് ആദ്യ സത്ത് മാത്രമായിരുന്നു പിന്നെ ഇരക്കെ സൃഷ്ടിച്ചു അതിലനുപ്രവേശിച്ചതെന്ന് പറയുന്നു അത് സുഷൃത്തിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു സൃഷ്ടിയില്ല അപ്പോൾ തന്റെ ബാല്യവും ശേഷവും യൗവനവും വാർദ്ധക്യവും ജന്മവും മരണവുമല്ല ഈ ജാഗ്രത്തിലെ തന്റെ തന്നെ സൃഷ്ടിയാണ് എല്ലാം അതുകൊണ്ടാണ് അതിനുപ്രവേശം എന്ന് പറയുന്നത് അപ്പം അനുപ്രവേശം ഇവിടെ സംഭവിക്കുന്നു അപ്പോൾ പൂർണ്ണനാഭിയുടെ ദൃഷ്ടാന്തം പൂർണ്ണനാഭി തന്നിൽ നിന്ന് തന്നെ എല്ലാത്തിനും സൃഷ്ടിക്കുന്നു അവസാനം തന്നെ വിലയിട്ട് പ്രാപിക്കുന്നു അതുപോലെ എവിടെയും എന്ത് ചെയ്യുന്നു താൻ തൻ്റെ സുഷക്തി സ്വരൂപത്തിൽ നിന്ന് സൃഷ്ടിച്ചു ബാല്യ യൗവന വാർദ്ധക്യദികളെ ജനന തനിക്ക് വേണ്ടി താൻ സൃഷ്ടിച്ചു അവസാനം എല്ലാം അതിനെ തന്നിൽ തന്നെ പൂർണ്ണനാഭ്യെ പോലെ വിലയിപ്പിക്കും അതെപ്പോ ആഹാര എന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് തന്റെ സൃഷ്ടിയും തന്റെ സംഹാരവും അതിൽമുക്തി അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് തന്നിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തത്വത്തെ അതാണ് അടുത്ത് പറയാൻ പോകുന്നു പറയുമ്പോൾ പറയുന്നു അവൻ ഇതിൽ മുക്തനായിരിക്കുന്നു എന്ന് പറയുന്നു അവന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നത് സ്വഭാവ ഇവൻ തന്നെയാണ് ദുഷ്ടാവായിരിക്കുന്നത് ഇപ്പോ ഈ ജാഗ്രതത്തിൽ ഏത് ഇവനാണോ അവിടെ ദർശനക്രിയ കൂടാതെ ഇരുന്നവൻ ഇവിടെ ദുഷ്ടാവായിരിക്കുന്നു സ്പർശത്തോടുന്നവനായി സ്പർശിക്കുന്നവനായിരിക്കുന്നു ശ്രോതാവായിരിക്കുന്നു കേൾക്കുന്നവനായിരിക്കുന്നു ക്രാതാവായിരിക്കുന്നു മുണക്കുന്നവനായിരിക്കുന്നു രസയിതാവായിരിക്കുന്നു രസിക്കുന്നവനായിരിക്കുന്നു മന്ദാവ് മനനം ചെയ്യുന്നവൻ ബോദ്ധ അറിയുന്നവൻ കർത്താവ് പ്രവർത്തിക്കുന്നവൻ വിജ്ഞാനമ നിശ്ചയിക്കുന്നവൻ ഇങ്ങനെയെല്ലാമായിരിക്കുന്നു എന്നർത്ഥം ഇതം ചെ വിജാനാ ഇതം ദു വിജാനാദി വിജ്ഞാനം കടത്താരകരൂപം തത്മാ സ്വഭാവം സ്വഭാവ വിജ്ഞാതൃ സ്വഭാവം പറയുന്നു തൻ്റെ സ്വഭാവം എന്താണ് ആ സുഹൃത്തിയിലേക്ക് താൻ കടന്നിട്ട് ശുദ്ധശൂന്യനായി ബോധശൂന്യനായി വീണ്ടും വരുന്നില്ല ആ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ ഒന്നും അറിയുന്നില്ല എന്നും പറയുന്നു ഞാൻ ബോധശൂന്യനാണെന്നാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല പറഞ്ഞില്ല ദൃശ്യത്തെ അനുഭവത്തെ നിഷേധിക്കുകയാണ് ഈ ദൃശ്യ അനുഭവത്തെ നിഷേധിച്ചിട്ടും താൻ എന്തുകൊണ്ട് ബോധശൂന്യനാകുന്നില്ല ബോധശൂന്യനായി വരുന്നില്ല ബോധശൂന്യനായി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല വീണ്ടും ഉണർന്നു വരുമ്പോൾ എല്ലാം ശൂന്യതയിൽ നിന്ന് കടന്നു വരുന്നത് പോലും സങ്കല്പിക്കാൻ കഴിയത്തില്ല ശൂന്യതയിൽ നിന്നുള്ള വരവിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല അവിടെ പരസ്പരം ബന്ധപ്പെടുത്താൻ ഒന്നും കാണത്തില്ല ശൂന്യതയുടെ സൃഷ്ടി ശൂന്യത തന്നെ ശൂന്യതയ്ക്ക് ശൂന്യതെല്ലാം പേരും ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും ഇവിടെ അങ്ങനെയല്ല ശൂന്യതെല്ലാം സൃഷ്ടിക്കുന്നത് താൻ പറയുന്നു ഞാൻ ഇവിടെ തിരിച്ചു വരുന്നത് ഞാനാണ് പോയത് ഞാൻ തന്നെ തിരിച്ചു വരുന്നത് ഞാനാണ് ശൂന്യനായിട്ടല്ല ഞാൻ ഇവിടെ വരുമ്പോൾ എല്ലാമായിട്ട് വരുന്നു എന്റെ ശരീരം എന്റെ മനസ്സ് എന്റെ ഇന്ദ്രിയങ്ങൾ എല്ലാമായിട്ട് വരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പറയുന്നു താൻ വിജ്ഞാനാത്മാവാണ് താൻ വിജ്ഞാന സ്വഭാവത്തോടുകൂടിയിരുന്നു താൻ സത്താരൂപനായിരുന്നു താൻ ആനന്ദരൂപനായിരുന്നു ഏതും പറയാം ഇവിടെ ആ വിജ്ഞാനത്തിന് പ്രാധാന്യം പറയുന്നു വിജ്ഞാതൃ സ്വഭാവ ഞാൻ വിജ്ഞാനസ്വഭാവനായിരുന്നു അപ്പൊ ജ്ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ ആ ആ വിജ്ഞാനത്തിന് ഈ ശരീരത്തോടുള്ള താതാത്മ്യം ഇന്ദ്രിയം മനസ്സ് എല്ലാം ഉണ്ട് ഞാനെന്ന് പറയുന്നു എന്ന കൂടെ ചേർത്തിട്ടാണ് പറയുന്നത് അവിടെ ഞാൻ ചൈതന്യമയനായിരുന്നു വിജ്ഞാനമയനായിരുന്നു അവിടെ ഇവിടെ ഞാനിപ്പോൾ അതുപോലെ വിജ്ഞാനമയനായിരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ഒരു ശൂന്യതയിൽ നിന്ന് കടന്നു വരാൻ കഴിയാത്തത് അടുത്ത ശൂന്യവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അടുത്ത എന്റെ അടുത്ത മുന്നിൽ അപ്പോ ശൂന്യതെന്ന് പറയുന്ന അസംഭവമാണ് ശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകാശകുസുമെന്ന് പറയുന്നത് പോലെയുള്ളൂ അതിന് അർത്ഥമുള്ളതെന്നല്ല വെറുതെ ഒരു ശബ്ദം പറയും ശൂന്യതയ്ക്ക് അർത്ഥമുണ്ട് എന്തുകൊണ്ട് താൻ സുഹൃത്തിയിൽ സർവാനുഭവ ശൂന്യമായിരുന്നിട്ടും അവിടെ നിന്ന് വന്നിരിക്കുന്നത് സത്താസ്വരൂപനായിട്ടാണ് ശൂന്യനായിട്ട് ജ്ഞാനസ്വരൂപനായിട്ടാണ് അതാണ് താൻ വിജ്ഞാനസ്വരൂപനായിരുന്നു എന്ന് പറയുന്നത് മന്ത്രത്തിളഞ്ഞു ഖ്രാത മന്ദ ബോധ കർത്താത്മാ പുരുഷ വിജ്ഞാനസ്വരൂപനായ പുരുഷനാണ് അവിടെ ഉണ്ടായിരുന്നത് പുരുഷന് പറയുന്നു കാര്യകരണ സംഘാത ഉപാധി പൂർണ്ണത്വ പുരുഷന്യതയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുരുഷനെ എടുത്തു പറയുന്നത് ഇവിടെ ഇപ്പൊ കാര്യ സംഘാതത്തോടുകൂടിയിരിക്കുന്നു ഉപാധികളോടിയിരിക്കുന്നു അവന് പുരുഷനാണ് പൂർണരൂപത്തിലിരിക്കുന്നൊണ്ട് പുരുഷനാണ് പ്രതിബിംബ്യൂര്യാദ ജലാതിക്കുന്നു വിലയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഭാവനകൾ വന്ന് കാടുകയറിപ്പോലയിക്കുന്നു പറയാൻ എന്താർത്ഥം പറയുന്നു സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ ആ ജലം ഇല്ലാതായിപ്പോയി കണ്ണാടി ഇല്ലാതായി പോകുമ്പോൾ എങ്ങനെയാണോ ആ സൂര്യന്റെ പ്രതിബിംബം ബിംബത്തിൽ ലയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം അവിടെ കണ്ണാടി അവിടെ നിന്ന് സൂര്യനെ അഭിമുഖമായി പിടിച്ചിരുന്ന ആ കണ്ണാടി എവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ കണ്ണാടികളുടെ പ്രതിബിംബം സൂര്യനിൽ ലയിച്ചു എന്നാണ് എന്താ എന്റെ അർത്ഥം ആണ് നേരത്തെ പറഞ്ഞ അദ്വയം അദ്വൈഭാവം അവിടെ പ്രത്യേകിച്ച് പോകാനും ലയിക്കാനൊന്നുമില്ല മുമ്പ് സൂര്യൻ മാത്രമായിരുന്നു ഇപ്പോഴും സൂര്യൻ മാത്രം കൂടുതലായി കണ്ടെന്താണ് കണ്ണാടിയിലെ പ്രതിബിംബം അതില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത് സൂര്യൻ മാത്രം സൂര്യശേഷിക്കുന്നതാണ് പറയുന്നത് സൂര്യനിൽ വിലയിച്ചു പിന്നെ അവശേഷിക്കുന്ന സൂര്യൻ മാത്രം അവരെവിടെയും അവശേഷിച്ചെന്താണ് കേവലമായ ചൈതന്യം വിജ്ഞാനാത്മാവിജ്ഞാന സ്വരൂപൻ വിശേഷ വിജ്ഞാനശൂന്യനായ വിജ്ഞാനസ്വരൂപനവിടെ ശേഷിച്ചു ദൃശ്യബോധനായ വിജ്ഞാൻ കേവലബോധ സ്വരൂപം അതവിടെ ശേഷിച്ചു അവിടെ വിലയിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥമേ എടുക്കാവും പ്രതിബിംബം ബിംബത്തിൽ വിലയിച്ചു എന്ന് പറയുന്നില്ല അതാണ് ജലസൂര്യകാതി പ്രതിബിംബസ്യ പ്രതിബിംബങ്ങളെല്ലാം സൂര്യാദി പ്രവേശം സൂര്യാദ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ജലാദി ആധാരശേഷി ജലാധി ആധാരശേഷിക്കുമ്പോൾ അത് സൂര്യപ്രവേശിച്ചു എന്ന് പറയുന്നത് പരേ അക്ഷരയാത്മിസംപ്രതിഷ്ഠത ഇതെല്ലാം പരമമായ അക്ഷരമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഏകീഭവിച്ചിരിക്കുന്നു ആ ഏകീഭവനമാണ് നമ്മൾ പറയുന്നത് ഒന്നും അറിഞ്ഞില്ല പരമസുഖമായിരുന്നു അതാണ് ആയ ഏകീഭവൻ ആന പറയുകയാണ് ഇനി അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് പറയുന്നു പരം ഏവാ അക്ഷരം അത് ഇത്രയേ ഉള്ളൂ പരമമായ ഏകമായ അക്ഷരമായിത്തീരുന്നു ഇവിടെ സുസൃതി കിടന്നൊട്ടും മുമ്പോട്ട് പോയിട്ടില്ല സൃഷ്ടി തന്നെ നിൽക്കുകയാണ് അക്ഷരം അതായിത്തീരുന്നു പരമമായ അക്ഷരമായിത്തീരുന്നു പരമാത്മാവായിത്തീരുന്നു പരമാത്മഭാവം അതാണ് സുശൃത്തി എന്ന് പറയും ഇവിടെ പരമാത്മഭാവത്തെ പറഞ്ഞാൽ എങ്ങനെയാണ് സുശൃത്തി വൈദ്യമുള്ള അതുകൊണ്ട് നമുക്കൊരു പടിയുടെ മുമ്പോട്ട് പോയി തുരിയനെ കണ്ടുപിടിക്കാം അവിടെയാണ് പരമാത്മഭാവം എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് പക്ഷേ ഭക്ഷ്യക്കാരനത് അംഗീകരിക്കുന്നില്ല ഇവിടെ അതിൻ്റെ ആവശ്യം തന്നെ എവിടെയെങ്കിലും അങ്ങനെ പറയുന്നെങ്കിൽ അവിടെ പറയാം പണ്ടുത്യോത്തിലും മറ്റും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം പക്ഷെ ഇവിടെ അത് തന്നെയാണ് അതാണ് പരമേ ഭാഷം ഭക്ഷ്യമാണ് വിശേഷണം പ്രതിപദ്ധ്യത ഇന്നിവിടെ വിശദീകരിക്കും അതിനെ ക്ഷരത്തെ പ്രാപിച്ചു ഇന്ന് വിശദീകരിക്കേണ്ടതായി അക്ഷരത്തെ പ്രാപിച്ചു ഇവിടെ സുഷൃത്തിയിൽ സർവേഷണാ വിനോമമുക്തോ അവിടെ യേശുണാശൂന്യനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക അച്ഛായം തമോവർജിതം തമസം എന്ന് പറഞ്ഞാൽ ഇരുട്ട് അവിദ്യ അജ്ഞാനം അവിടെ അജ്ഞാനവർജിതനായിരിക്കുന്നു അച്ഛായും എന്ന് വെച്ച ഇരുളന്ന് പറയും ഇരുള് തമസം എന്ന് പറയും സാറിന് അജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് തമോവർജിതമാണ് പിന്നെ ഇതിനവിടെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നു ശരി അങ്ങനെ പറയുമ്പോൾ ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ ബോധം ഉണ്ടാക്കാൻ വേണ്ടി യാതറ്റം വരെ വേണോ പോവാം എന്നിട്ട് പറയാം അവിടെ തമസ്സുണ്ട് എന്ന് പറയാം ഇവിടെ നേരിട്ട് ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു അച്ചായം അത് തമോവർജിതമാണോ ഇനിയെന്തിന്റെ ആവശ്യം പിന്നെ ഇനി അവിടെ എന്തിനാ അജ്ഞാനത്തെ കൊണ്ടുവരുന്നത് കത്തിക്കുന്നത് വ്യക്തമായി ശ്രുതി പറയും പിന്നെ അജ്ഞാനത്തെ കല്പിക്കണമെന്ന് വാശിയുള്ളവര് എങ്ങനെയും കല്പിക്കും അവരോ പറയാ തമസ്സില്ല ഇരളില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇതിനെയൊക്കെ മൂടി വയ്ക്കുന്ന ഇരളില്ലെന്നുള്ള എല്ലാ ജാഗ്രതയിലെ വിഷയങ്ങളെയൊക്കെ കാണിച്ചു തരുന്ന ഇരുളില്ലെന്നാ പറഞ്ഞാൽ അങ്ങനെ ഇരുൾ രണ്ട് തരത്തിലുള്ളതൊന്നും മൂടി വെക്കുന്നത് മറ്റൊന്ന് കാണിക്കുന്നത് അമൂടി വയ്ക്കുന്നതിന്റെ പേരാണ് ആവരണം ഇതൊക്കെ കാണിച്ചു തരുന്നതിന്റെ പേരാണ് വിക്ഷേപം ഇതെല്ലാം ശുദ്ധ സംബന്ധങ്ങളാണ് സ്വരൂപത്തെ സ്വരൂപദക്ഷി ചിന്തിക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ലാതെ വളരെ ലളിതമായി അനായാസമായി നമുക്ക് കാര്യം മനസ്സിലാക്കും അതിനീ പറയുന്ന നേട്ടങ്ങൾ സ്വീകരിച്ച തമോവർജിതമാണ് സുശക്തി അച്ചോദിക്കും ഇതൊക്കെ ഭൂപനിഷത്തയോടെ പറഞ്ഞിരിക്കുന്നു ഉപനിഷത്തോട് ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അംഗീകരിക്കത്തില്ല പറയുന്നു സത്യം അതാണെങ്കിലും ശരി വേദത്തിൽ പറഞ്ഞിട്ടില്ല അംഗീകരിക്കില്ല എന്നു നമ്മൾ പറയാൻ നല്ലതാണ് ഇന്നടത്ത് പറഞ്ഞിട്ടുണ്ട് തമോവർജിതം അത് സൃഷ്ടിയുടെ പ്രകടനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് തമസം എന്ന് പറഞ്ഞുതരിട്ടെന്നാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനായാലും ഇതിനെ വേറെ രീതി അതാണ് ഈ തർക്കം നിലനിൽക്കുന്നത് നേരെ മനസ്സിലാക്കിയാൽ പിന്നെ തർക്കത്തിന്റെ ആവശ്യമുണ്ട് ചോദ്യോത്തര തർക്കം എന്ന് പറയുന്നു ഇവിടെയാണോ ചിന്ന സംശയ സംശയങ്ങളെല്ലാം അവസാനിച്ചത് അവിടെ ഇവിടെ ചോദ്യോത്തരം തമോവർജിതമാണ് തമസ് മാത്രമല്ല തമോ കാര്യങ്ങളോടെയല്ല നടത്തു പറയുന്നത് അശരീരം നാമരൂപ സ ഉപാധി ശരീരവർജിത നാമരൂപങ്ങളാകുന്ന ഉപാധികളാകുന്ന ശരീരങ്ങളെല്ലാം വർജിതമായിരിക്കുന്നു അതും കുറച്ച് ആലങ്കാരികമായ ഭാഷ പറയുകയാണ് എല്ലാം അതിന്റെ കേവലമായ സ്വരൂപത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു കാരണവുമില്ല കാര്യവും കാര്യ കാരണശീനമായിരിക്കുന്നു അലോഹിതം അലോഹിതാദി സർവ ഒരു ഗുണങ്ങളും അവിടെയില്ല അവിടെ സംസ്കാരമുണ്ട് അതുണ്ട് വരുന്നത് ഇങ്ങോട്ട് ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ വരാൻ കഴിയത്തില്ല എന്ന് പറയും പറയും അത് കഴിഞ്ഞ ദിവസം കണ്ടതിന് അവിടെ എന്തോ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞല്ലോ സൃഷ്ടി എന്ന് പറയുന്നത് ഈ അനുപ്രവേശമാണ് ഈ അനുപ്രവേശം എന്ന് പറയുന്നത് ഈ സൃഷ്ടിയിൽ നിന്ന് ജാഗ്രത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ആ ജാഗ്രതനാണ് നമ്മൾ ഇതെല്ലാം പൂർവം പരവും എല്ലാം കാണുന്നത് ഇന്നലെ ഇന്ന് നാളെ എല്ലാം കാണുന്നത് ഈ ഒരു ജാഗ്രതനകത്താണ് അതിന് പുറത്തായിട്ട് ഇന്നലെ ഇന്ന് നാളെ അങ്ങനെ മൂന്നെണ്ണ ഇല്ല എല്ലാം ഇതിനകത്ത് ഈ സൃഷ്ടിയിൽ അനുപ്രവേശത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഇതിന് ഇന്ന് പുറത്തുപോയി ഒരു കാരണത്തെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല ഇതിന് വെളിയിൽ ഇതിലൊരു കാര്യവുമില്ല എല്ലാം ഈ ജാഗ്രത എന്ന് പറയുന്ന ഈ മുഹൃത്തത്തിനകത്ത് കിടക്കെയാണ് പിന്നെ ഇന്നലെ എന്താണ് നിങ്ങളുടെ ഇന്നലെ എന്ന് പറയുന്നത് ഈ ജാഗ്രത അന്തർഭവിച്ചതാണ് അത് മനസ്സിലാക്കണം ഇന്നലത്തെ എന്റെ ഉറപ്പം പിന്നെ അതിൽ നിന്ന് അതിനു മുമ്പുള്ള എന്റെ എന്താണ് ഇപ്പോൾ ഈ ജാഗ്രത അന്തർഭവിച്ചിരിക്കുന്നു ഇത് ഈ അനുപ്രവേശമാണ് ഇത് നമ്മുടെ അനുഭവമാണ് അപ്പൊ ഈ അനുഭവത്തിന് ഈ അനുഭവത്തിന് പുറത്തൊരു കാരണമോ ഈ അനുഭവത്തിന് പുറത്തൊരു കാര്യമോ ഇല്ല ഇവിടുത്തെ കാര്യകാരണ ബന്ധങ്ങളുണ്ട ഇവിടെ തന്നെ അനുസൃതമായി സംഭവിച്ചുകൊണ്ടിരിക്കും അതിന് ജാഗ്രത മതിയാകും സുഷുതിക്ക് അപ്പുറമുള്ള ജാഗ്രത അങ്ങനെ ഒന്നുമില്ല ജാഗ്രത എന്ന് ജാഗ്രതയിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് പറയുന്നു ബാല്യം മുതലെനിക്ക് എത്രയോ ജാഗ്രതകളിലൂടെയാണ് ഞാൻ കടന്നു വന്നത് അതിനിടയ്ക്ക് എത്രയോ സുഷിയിൽ പ്രവേശിച്ചു ജാഗ്രതയില് വന്നു പറയുന്നു ഇതെല്ലാം ആരും എപ്പോൾ പറയുന്നു ഇപ്പോൾ ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് പറയുന്നു എങ്ങനെ ഈ അനുപ്രവേശം സംഭവിച്ചതിനു ശേഷം അപ്പോൾ അത് ഇതിനകത്ത് അന്തർഭവിക്കുന്ന പറയുന്നു അപ്പോൾ കാര്യകാരണങ്ങളെല്ലാം എങ്ങനെയാണ് ഈ ജാഗ്രതയിൽ തന്നെയാണ് ഇരിക്കുന്നത് സംസ്കാരവും അതിൻ്റെ കാര്യവും വാസനകളും എല്ലാം അപ്പോൾ ആ ജാഗ്രതയിൽ നിന്നുകൊണ്ടൊരാൾ ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ പോകേണ്ട കാര്യമില്ല ആ ജാഗ്രതയിൽ തന്നെ അവൻ മനസ്സിലാക്കുന്നു ജാഗ്രതശൂന്യമായ സുഷൃക്തി എന്നിട്ട് അത് തന്നെയാണ് ഈ ജാഗ്രതത്തിലും തുടരുന്നത് അനുസ്യതമായിരിക്കുന്നത് പരമാർത്ഥമായിരിക്കുന്നതെന്ന് ഗ്രഹിക്കുന്നു അങ്ങനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അശരീരമാണ് നാമരൂപസ്വരൂപാദി ശരീരവർജിതമാണ് അ ലോഹിതം ലോഹിതാദി സർവ ഗുണവർജിതാണ് അവിടെ ഒരു ഗുണവും ഇല്ല ഒരു സംസ്കാരവും ഇല്ല അത് സ്വരൂപമാണ് അവിടെ രണ്ടാമതൊന്നിരിക്കാൻ കഴിയത്തില്ല അതേപോലെ അത ശുഭ്രം ശുദ്ധം പറയുന്നു അത് പരമപരിശുദ്ധമാണ് പറയുന്നു അത് അതങ്ങനെ പരിശുദ്ധമാണ് അവിടെ അവദ്യയിരിക്കുകയല്ലേ സംസ്കാരം ഇരിക്കുകയല്ലേ അതെങ്ങനെയാണ് പരിശുദ്ധമാവുന്നത് പറയുന്ന കൂടെ അങ്ങനെയല്ല ശുഭ്രമാണ് ശുദ്ധമാണ് അത് എന്ന് പറയുമ്പോൾ എന്നാണ് തന്റെ സ്വരൂപം ആ സ്വരൂപത്തെ ഒരു ദൃഷ്ടാന്തമായി സുഷുപ്തിയിൽ ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതിന് അത് എന്ന് പറയുന്നത് വാസവത്തിൽ താണെന്നാണ് പറയേണ്ടത് അതൈവം അത് ശുഭ്രം ശുദ്ധം പറയുന്ന സർവ്വവിശേഷരഹിതത്വ അതിന് ഒരു വിശേഷണവും യോജിപ്പിക്കാൻ കഴിയത്തില്ല അജ്ഞാനം എന്ന് പറയുന്ന ഒരു വിശേഷണത്തെയോ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വിശേഷണത്തെ ഒന്നുകൊടുക്കാൻ പറ്റത്തില്ല ഇതാണ് ആത്മനിഷ്ഠമായി അതിനഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അത് സർവവിശേഷണരഹിതമാണ് അക്ഷരം അതാണ് അക്ഷരമായിരിക്കുന്നത് അതാണ് സത്യം എന്ന് പറയുന്നത് തൻ്റെ ഈ സ്വരൂപം പുരുഷാഖ്യം ഈ സ്വരൂപത്തെ തന്നെ എടുത്ത് പുരുഷൻ എന്ന് പുരുഷൻ എന്ന് പറയുമ്പോൾ ന്യൂനതയുള്ള ഒന്നും നമ്മൾ ധരിക്കുക പുരുഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണൻ എന്നുതന്നെ അർത്ഥം ശരിയായ ശബ്ദങ്ങളാണ് പുരുഷ ശബ്ദം പൂർണ്ണശബ്ദം പൂർണ്ണത്വ പുരുഷ എന്ന സുഷുപ്തസ്വരൂപം അതുതന്നെയാണ് തന്റെ സ്വരൂപം അവിടെ പിന്നെ സുഷുപ്തിയിലെ സ്വരൂപം വേറെ ഇപ്പോൾ തന്റെ സ്വരൂപം വേറെ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അപ്രാണ അപ്രാണം ആ മനോ പ്രാണ മനസ്സുകൾക്കെല്ലാം അതീതമാണ് വിഷയമല്ല മുമ്പോ അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് വെട്ട് മനസ്സ് ആ സ്വരൂപത്തിലേക്ക് വരുമ്പോ പറയാം അത് അപ്രാണനാണ് അമനോ ഗോചരം പ്രാണനം മനസ്സിന് പോകുമ്പോൾ വിഷയമില്ല അവിടെ അതൊന്നും നിലനിൽക്കുന്നില്ല പിന്നെയോ ശിവം ശാന്തം സബാഹ്യഭ്യന്തരം അജം വേദഗതി വിചാനാദി അവസാനം അതിനാണ് പ്രാർത്ഥന എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് സുഹൃത്തിയിലെ ഈ സ്വരൂപത്തെങ്ങനെ ശിവമായ ശിവം എന്ന് പറഞ്ഞാൽ അതിനപ്പുറമൊന്നും പറയാൻ പറ്റില്ല അവിടെ എന്തെങ്കിലും ആ ശിവം ഉണ്ടെങ്കിൽ അതിന് ശിവമെന്ന് പറയാൻ പറ്റും അവിടെ അമംഗളമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ശിവം എന്ന് പറയാൻ പറ്റും അവിടെ അജ്ഞാനമോ അതിന്റെ കാര്യങ്ങളോ അതിന്റെ സംസ്കാരമോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെങ്ങനെ ശിവമെന്ന് പറയും അപ്പോൾ അത് ശിവമാണ് ശാന്തവുമാണ് എന്നുവെച്ചാൽ എല്ലാം ശമിച്ചിരിക്കുന്ന ഇടം രണ്ടാമതൊന്നും നിലനിൽക്കാത്ത ഇടം അവിടെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി അതിന്റെ ആ അദ്വേയമായ ഭാവത്തിന് ഇളക്കം തെട്ടാത്ത ചിന്തിക്കാൻ കഴിയണം കഴിഞ്ഞിട്ട് പറയണം വാസ്തവത്തിൽ കുറിച്ച് പറയുന്നതിന് വാക്കുകളൊന്നുമില്ല ഏത് വാക്കു പറഞ്ഞാലും അത് അപൂർണമായി പോകും എന്നാലും പരമാവധിയുള്ള വാക്കുകൾ അതിനുവേണ്ടി ഉപയോഗിക്കാം ലോകത്തിന് അങ്ങനെയുണ്ടല്ലോ സത്തായ വാക്കുകളും അസത്തായ വാക്കുകളും അതിന് സത്തായ വാക്കുകൾ ഉപയോഗിച്ച പറയുന്ന ശിവമാണ് ശാന്തമാണ് സബാഹ്യാഭ്യന്തര വച്ചം എന്ന് ശരി അങ്ങനെ ആയിക്കോട്ടെ സുഷക്തി അതാണ് ശാന്തവും ശിവവുമെല്ലാമാണ് ശുദ്ധമാണ് ശുഭ്രമാണ് തമോവർജിതമാണ് അതെല്ലാം ആയിക്കോട്ടെ അതുകൊണ്ടെന്താ പറയുന്നു തൻ്റെ സ്വരൂപത്തെ അങ്ങനെ അറിയണം പറയുന്നു വേദയേ വിജാനാദി എന്ന് പറയുന്നതാണ് യസ്തു സൗമ്യ ഒരുവനതറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് ആ സ്വരൂപത്തെ ഇതിന് സുഹൃത്തിയെ കുറിച്ച് അല്ല പറയുന്നതെന്ന് ആർക്കും തോന്നത്തില്ലല്ലോ സൃഷ്ടിയുടെ ആ സ്വരൂപത്തെ സൗമ്യ അല്ലയോ പ്രിയപ്പെട്ടവനെ ആ അറിയുന്നത് എങ്ങനെ അറിയും ഉപദേശം കൊണ്ടറിയുന്നത് വിചാരം കൊണ്ടറിയുന്നത് വേദത്തിൽ നിന്നറിയുന്നത് ഗുരുവിൽ നിന്നറിയുന്നത് ആ അറിവിന് വേണ്ടിയിട്ടാണ് ശിഷ്യന്റെ യത്നം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ് അവനറിഞ്ഞാലോ യസ്തു സർവത്യാഗി പറയും അതറിഞ്ഞവൻ അവനാണ് സർവത്യാഗി എന്നിട്ട് അവനിലാണ് പരവുമായ ത്യാഗം സംഭവിച്ചിരിക്കുന്നത് എന്നറിച്ച് അറിവിലേ ത്യാഗം സംഭവിക്കത്തുള്ളു അല്ലെ എനിക്കത് വേണ്ട ഇത് വേണ്ട അത് ദോഷമാണ് ഇത് ദോഷമാണ് അതുകൊണ്ടൊന്ന് ത്യാഗം സംഭവിക്കത്തില്ല ഒന്നിനെ വിടുന്നു നൂറണത്തിന് പിടിക്കും അറിയത്തില്ല വിടുന്നത് അറിയും പിടിക്കുന്നതറിയത്തില്ല അവിടെയെങ്ങുമില്ല ആ ഈ ബോധത്തിൽ മാത്രമേ ഉള്ളൂ ത്യാഗം ബാക്കിയുള്ള ത്യാഗങ്ങളെല്ലാം വെറും കൃത്രിമ പലപ്പോഴും അത് നന്മക്കായിരിക്കും പലപ്പോഴും അത് തിന്മയ്ക്കുമായിരിക്കും പലപ്പോഴും അത് നിസ്വാർത്ഥതയ്ക്കായിരിക്കും പലപ്പോഴും ഈ ത്യാഗം അങ്ങേറ്റത്ത സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരിക്കും ബാഹ്യമായി അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങളല്ല അതുകൊണ്ടിത് പറയുന്നു യഹ ഏതൊരുവനാണ് ബോധം അവനാണ് സർവത്യാഗി ഈ ബോധമില്ലാതെ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെയൊന്നും ത്യാഗമില്ല സന്യാസമില്ല അതുകൊണ്ടാണ് ഗീതയിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ് സന്യാസലക്ഷണം സന്യാസത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ഈ ജ്ഞാനമാണ് അതിനപ്പുറം ഒന്നും ബാക്കിയെല്ലാം വെറുതെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതാണ് അതിൽ ആത്മവഞ്ചനയുണ്ട് അതുപോലെ സമൂഹത്തിൻ്റെ വഞ്ചനയുണ്ട് വിവേകമില്ലാത്തടത്തുള്ള സന്യാസും മറ്റുമല്ല ഇവിടെതല്ല യസ്തു സർവത്യാഗി അവനാണ് സർവത്യാഗിരിക്കുന്നത് എന്തുകൊണ്ട് സോമി സ സർവജ്ഞ അവനാണ് സർവജ്ഞനെന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരാളുടെ മനസ്സിന്ന് സർവജ്ഞനുണ്ട് ജ്യോത്സ്യം ഇടിക്കുന്നത് സർവജ്ഞനാകളെ ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞാൽ സർവജ്ഞനല്ല സർവജ്ഞത്വമുണ്ട് അത് ജ്യോതിഷമാണ് ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നു ആരാണോ ഈ സ്വരൂപത്തെ അറിയുന്നത് അവൻ സർവജ്ഞ ഇന്നത്തേൻ അവിദ്യതം കിഞ്ചിത് സംഭവതി ഇത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് വീണ്ടും ആശക്കുളും പറയുന്നു അവൻ അറിയാത്തതായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല എന്ന് പറയുന്നു സർവജ്ഞൻ എന്ന് പറയുമ്പോൾ അവന്റെ അറിവിൽപ്പെടാത്തതായിതം കിഞ്ചിത് സംഭവതി അപ്പൊ എന്താണ് ഈ സുഷു സുഷുതനായ പുരുഷനെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മിന്നെ ഈ ലോകത്തുള്ള സർവ്വകാര്യങ്ങൾ പറയും അത് വിശദീകരിക്കുന്നു അതല്ല എന്താണ് പുറവും അവിദ്യ അസർവജ്ഞാസി അസർവജ്ഞനെന്ന് പറഞ്ഞാൽ എന്താണ് എന്നാലും സർവജ്ഞൻ എന്തെന്ന് പറഞ്ഞ് മനസ്സിലാവും അസർവജ്ഞൻ എന്ന് പറഞ്ഞാൽ അവിദ്യ അവിദ്യ തന്റെ ഉടലിരിക്കുന്നതിനാണ് അസർവജ്ഞൻ അവിദ്യ എന്ന് പറയുന്ന എന്താണ് ഈ തത്വത്തെ അറിയാതിരിക്കുക അല്ലെങ്കിൽ വിപരീത ബോധം ഉണ്ടായിരിക്കുക ഇതാണ് അസർവജ്ഞൻ പറയുന്നത് പൂർവം അവിദ്യ അസർവജ്ഞ അസീ പിന്നെ സർവജ്ഞനെന്ന് പറഞ്ഞാലോ വിദ്യയാ അവിദ്യ അപ്പൊ അറിവുകൊണ്ട് അറിവില്ലായ്മ ശിക്കുക അതാണ് അതാണ് സർവ് സർവജ്ഞത എന്ന് പറയുന്നത് എന്ത് വിദ്യ കൊണ്ട് തന്നെ കുറിച്ചുള്ള ബോധമുണ്ട് എന്താ വിദ്യ തന്നെ കുറിച്ചുള്ള ബോധമില്ലായ്മ തന്റെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് സർവജ്ഞത്വം എന്ന് പറഞ്ഞ പണ്ടാരും ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല വിദ്യയാ അവിദ്യാപനയെ ആവിദ്യ നശിക്കുമ്പോൾ പറയുന്നു സർവഭവതി അത് പറയുന്നു സർവഭവാണ് സർവാത്മ അഭേദനൈവ സർവജ്ഞത്വം അവൻ സർവമായി തീരുന്നു എന്ന് പറയുന്നതാണ് അന്യമായൊന്ന് ശേഷിക്കുന്നുണ്ട് സർവാത്മാ എന്ന് പറയുന്നു അവിടെ സർവം തന്നെ ആത്മാവായിരിക്കുന്നു സർവശാസ്വജ്ഞ എന്ന് പറയുന്നു ആത്മാവെന്താണ് നേരത്തെ പറഞ്ഞാലും അത് ബോധാത്മാവാണ് വിജ്ഞാനാത്മാവാണ് എന്ന് പറഞ്ഞു വിജ്ഞാനസ്വരൂപമായിരിക്കുന്നു അപ്പം സർവവും ആ വിജ്ഞാനസ്വരൂപമാണ് എന്നുള്ള ബോധം അതാണ് സർവജ്ഞത സർവവും ഏകമായ തത്വമാണെന്നുള്ള ബോധം സർവം ഒരേ പരമാത്മാവാണെന്ന് ബോധം വാസുദേവ സർവമിതി ഇതാണ് സർവജ്ഞത്വം അല്ലാതെ സർവഭിഷേകമായ ജ്ഞാനമല്ല അത് അസംഭവമായ കാര്യമാണ് തത്വജ്ഞാനം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തിനും പിന്നെ മറ്റ് ചില ഉപാസനകളിലൂടെയൊക്കെ അത് വേദത്തിലും പല ഭാഗത്തും വന്നല്ലോ ഭൂതഭവിഷ്യജ്ഞാനമൊക്കെ കുറേയൊക്കെ ഉണ്ടാകാം അതിനെല്ലാം പരിമിതികളുണ്ട് പക്ഷെ ഇതാ ഇത് അപരിമിതമായ ജ്ഞാനമാണ് പൂർണമായ ജ്ഞാനമാണ് അവിവേകം നഷ്ടപ്പെട്ട ജ്ഞാനത്തിന്റെ പൂർണ്ണത പൂർണ്ണത പൂർണ്ണമിതം എന്ന് പറഞ്ഞാൽ പൂർണത അതാണ് പറയുന്ന അവൻ സർവമായി തിരുന്ന് പൂർണ്ണമായി തീരുന്നു എന്നർത്ഥം അതും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സ്വയം മനസ്സിലാക്കണം ശരി അവൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ആയിത്തീരുകയാണോ ഇതുവരെ ആകാതിരുന്ന എന്തെങ്കിലും ആയിത്തീരുകയാണോ മറ്റുള്ളവരൊന്നും ആകാതിരുന്ന ഒന്നായി താൻ ആയിത്തീരുകയാണോ പുതിയ ഒന്നായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇന്നലെ വരെ മറ്റൊന്നായിരുന്നു ഇന്ന് വേറൊന്നാകുകയല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിണാമം തന്നെ സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തില സംഭവിക്കുന്നല്ലോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇന്നലെ ഇല്ലാത്ത എന്തെങ്കിലും പുതിയ ഭാവങ്ങൾ തന്നിൽ വന്നുചേരുന്ന ഇതൊന്നും സംഭവിക്കുന്നില്ല പിന്നെന്താണ് അവൻ ഉള്ള ഒരേ മാറ്റം എന്ന് പറയുന്നത് ഈ തത്വത്തെക്കുറിച്ചുള്ള ബോധം ആ ബോധത്തെ ഉപദേശിക്കുന്ന മുഴുവൻ ആ ഉപദേശി ശ്രവിക്കുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടാകുന്ന പരമാർത്ഥ സ്ഥിതിയെക്കുറിച്ചുള്ള ബോധം ആ ബോധത്തിൽ അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മയും വികല്പങ്ങളും എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇത് മാത്രം സംഭവിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഇത് മതി ഇത് മാത്രം സംഭവിച്ചാൽ മതി ഇതിനപ്പുറം ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും മുമ്പോട്ട് പോവും വീണ്ടും തുര്യനന്വേഷിച്ചു പ്രതീക്ഷകളത്തോളം ഇവിടെ നിന്ന് പറഞ്ഞാൽ ശിവം ശാന്തം എന്നുള്ള അവസ്ഥയിലെത്തിച്ചേരത്തില്ല എന്നുള്ള ബോധം അവനുണ്ടാകത്തില്ല ആ ചിലടത്ത് പറയും അങ്ങനെയൊരവസ്ഥ മുക്തി അവസ്ഥയിലെത്തി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണെന്താണ് അത്ര ബോധം അമനിലുണ്ട് അതിനപ്പുറം താല്പര്യമില്ല ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഏതു തരത്തിലുള്ള വികല്പങ്ങളിൽ വന്നാലും ആ വികല്പങ്ങൾക്കെല്ലാം പരിഹാരമായ ആ ബോധം പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധം അതിനപ്പുറം വേറൊന്നും സംഭവിച്ചു താൻ മറ്റൊന്നായിത്തീരുകയോ തന്നിൽ മറ്റെന്തെങ്കിലുമൊന്നും വന്നു ചേരുകയോ ഇതൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഒന്ന് സംഭവിക്കുന്നു എന്താണ് ആ പരമാർത്ഥബോധം പക്ഷെ അത് തന്നിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷമായ ഗുണത്തെ ആധാനം ചെയ്യാനോ പ്രത്യേകിച്ച് തനിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ദോഷത്തെ പരമാർത്ഥമായി ഇല്ലാതാക്കാനോ ഒന്നുമല്ല എന്നാൽ ഇതെല്ലാം പ്രയോജനവത്താണ് ധാനം എന്താണ് ഈ ഗുരുവും ശിഷ്യനും തത്വവും ശ്രവണവും എല്ലാം അത് തന്നിൽ പ്രകാശിക്കുന്ന ആ ജ്ഞാനത്തിനപ്പുറം മറ്റെന്തെങ്കിലും ഒരവസ്ഥാന്തരമോ മറ്റെന്തെങ്കിലും ഒന്നായിത്തീരുകയോ ഒന്നുമല്ല അല്ലെങ്കിൽ സർവോഭതി പറയുമ്പോൾ തനിക്കെന്തോ മറ്റ മാറ്റം വന്ന് മറ്റൊന്നായി തീർന്നു തത്വത്തിൽ എന്താണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ തത്വം ഞാൻ ഞാൻ പറയുന്നു വേറിട്ട് ഇതാ ഇത് പുസ്തകമാണ് ഇത് മേശയാണ് ഇത് ഞാനാണ് വേറിട്ട് പറയുന്നു പിന്നെ സർവമായി തീരുമ്പോൾ ഞാൻ പുസ്തകമായിത്തീരുന്നു മേസയായിത്തീരുന്നു അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല പിന്നെ ഞാൻ തന്നെയാണ് എല്ലാമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ എല്ലാത്തിലും ഒരേ ഒരേ തത്വവും തന്നെയാണ് അല്ല ഞാൻ എന്താണ് ആത്മജ്ഞാനം കൊണ്ട് ഞാൻ മറ്റേതായി മാറി പുസ്തകമായി മാറി ഞാൻ നീയായി മാറി അങ്ങനെയൊന്നും മാറ്റം സംഭവിക്കുന്നു താനെന്നും എന്തായിത്തന്നെ ഇരിക്കുന്നു പരമാർത്ഥ വസ്തുവായി തന്നെയിരിക്കുന്നു എന്ന വിവേകത്തോടു കൂടിയവനായിത്തീരുന്നു അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാനില്ല ഇവിടെ വിവേകത്തിനപ്പുറം ആ വിവേകത്തിൽ ഇത്തരം വരുന്ന ഭ്രാന്തികളെല്ലാം ഞാൻ അതായി മാറുന്നു ഇതായി മാറുന്നു എന്നൊക്കെയുള്ള ഭ്രാന്തികളെല്ലാം അവിടെ ഇല്ലാതായിത്തീരുന്നു ആ ഭ്രാന്തികളെ നശിക്കുമ്പോൾ പറയുന്നു അത് ശാന്തമാണ് ശിവമാണ് എന്ന് പറയുന്നു അതാണ് സർവോഭോധി എന്ന് പറയുന്നത് താല്പര്യം തത്തസ്മിൻ അർത്ഥയേഷ ശ്ലോകവും മന്ത്രോഭൂതി ഇക്കാര്യങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ഹാസ്യങ്ങളെല്ലാം ഇവിടെ തദ്ദേശശ്ലോക വിജ്ഞാത്മാ സഹ ദേവൈ അഗ്നിയതി പ്രാണ ചക്ഷുരാദയോ ഭൂതൃഥി സമ്പ്രതിഷ്ടീ പ്രവിശന്തിയത്രമേ തദ്ക്ഷരം വേദയതേ യസ്തു സൗമ്യ പ്രിയദർശന സർവജ്ഞമിശ ആവിശ്യം വിജ്ഞാനാത്മാ സഹദി മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ പിന്നെ അഗ്നിയാദികൾ പ്രാണന്മാര് ചക്ഷുരാദികൾ ഭൂതങ്ങൾ പൃഥ്വി്യാധികൾ എന്ന് വെച്ചാൽ ഈ ജാഗ്രത അനുഭവത്തിൽ എന്തെല്ലാം നിലനിൽക്കുന്നു അതല്ല ഇതെല്ലാം മുമ്പ് വിശദീകരിച്ചാണ് സംപ്രതിഷ്ഠന്തി പ്രവിശാന്തി എവിടേക്കാണോ പ്രവേശിക്കുന്നത് എവിടെ നിന്നാണോ നിർഗമിച്ചത് അവിടേക്ക് പ്രവേശിച്ചു നേരത്തെ പറഞ്ഞു പ്രവേശം അതിനൂടെ നമ്മൾ സൃഷ്ടി എന്ന് വിളിക്കുന്നു അത് എവിടെ നിന്നാണോ സംഭവിച്ചാൽ അവിടേക്ക് സമ്പ്രതിഷ്ഠ തിരിച്ചു പ്രവേശിക്കുന്നു എന്ന് പറയുന്നു തിരിച്ചു പ്രവേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് വിശദീകരിച്ചോളം മനസ്സിലാക്കണം അല്ലാതെ എൻ്റെ വച്ചാർത്ഥത്തിലല്ല എത്ര യസ്മിൻ അക്ഷരേ ഏതൊരു അക്ഷരത്തിലാണോ തത് അക്ഷരം വേദേത അവിടെ അതിനാണ് പ്രാധാന്യം ഈ അക്ഷരത്തെ ആരാണോ അറിയുന്നത് ജ്ഞാനാത്മുക്തി ആരാണോ ഈ സ്വരൂപത്തെ അറിയുന്നത് ഈ അനുപ്രവേശത്തെ ആരാണോ ഗ്രഹിക്കുന്നത് പ്രിയദർശന സ സർവജ്ഞ ഈ അറിവുള്ളവനാണ് സർവജ്ഞൻ നാനാ ലോകകാര്യങ്ങളെ അറിയുന്നതല്ല സർവജ്ഞൻ സ സർവജ്ഞ എന്തുകൊണ്ട് സർവമേവ ആ വിഭേ എന്നാണ് അവൻ സർവത്തെയും ആവേശിച്ചിരിക്കുന്നു അന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞാൽ താല്പര്യം മനസ്സിലാക്കിക്കോ ആവിശതി ആവേശിച്ചിരിക്കുന്നു പ്രവേശിച്ചിരിക്കുന്നു സമ്പ്രതിഷ്ഠിതനായിരിക്കുന്നു ഏകീഭവിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞാൽ വിശദീകരിച്ചു കഴിഞ്ഞു അതാണ് എന്റെ താല്പര്യം എന്നർത്ഥം അവന് അവനെ സംബന്ധിച്ചിടത്തോളം ഭേദബുദ്ധി അവശേഷിക്കുന്നില്ല എന്റെ പറയുന്നതിന്റെ താല്പര്യം അവന് അദ്വയബുദ്ധിയാണ് അദ്വയബോധമാണ് അദ്വൈബോധത്തിൽ ആദ്വീബോധം അവൻ എന്താണോ നൽകുന്നത് അദ്വൈബോധത്തിൽ അവൻ എന്താണോ സംഭവിക്കുന്നത് അതിനാണ് മുക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ബോധം കൊണ്ട് മുക്തി സംഭവിക്കുന്നു എന്ന് പറയുന്നു അപ്പം അവിടെ തത്വം ഇത് താൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും തത്വത്തിനൊരു മാറ്റവുമില്ല സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ അത് ജാഗ്രത ആയാലും സ്വപ്നമായാലും സുഷ്പയായാലും സമാധിയായാലും ഇഹലോകത്തിലായാലും പരലോകത്തിലായാലും അത് തന്നെയാണ് പക്ഷെ അവിടെ എന്താണ് വിശേഷിച്ച് വരുന്നത് അതിനെക്കുറിച്ചുള്ള ബോധം ആ ബോധത്തിൽ പറയുന്നു അവൻ മുക്തനായിരിക്കുന്നു അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശിവം ശാന്തം എന്നും മറ്റും വിശദീകരിച്ചിരിക്കുന്നത്